വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾ നേർവഴിയിലാണെങ്കിൽ വഴിപിഴച്ചവർ നിങ്ങൾക്ക് ദോഷം വരുത്തില്ല നിങ്ങളെല്ലാവരും അള്ളാഹു സുബാനഹൂവറ്റായുടെ അടുത്തേക്കാണ് മടങ്ങേണ്ടത് നിങ്ങൾ പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങളെക്കുറിച്ച് അവൻ നിങ്ങൾക്ക് വിവരിച്ചു